അവൻ അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കി ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ ചിലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു എന്നാൽ അള്ളാഹു സുബഹാനഹുവത്തായാല അവരെ കൂട്ടിയിണക്കി തീർച്ചയായും അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു